അപ്പോ തേജ് അതാണ് ധൃതി ഇന്ദ്രിയനിഗ്രഹം മനോനിഗ്രഹം തന്റെ ലക്ഷ്യത്തിനെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ദാക്ഷ്യം കർമ്മത്തിനെ നിസ്സംഗമായി യോഗമായിട്ട് ചെയ്യാനുള്ള ശക്തി ദാക്ഷ്യം രാജ്യഭരണം പോലും ഒരു ക്ഷത്രിയൻ ഒരു ധർമ്മമായിട്ടാണ് ചെയ്യണത് സ്വാർത്ഥതയല്ല അത് രാജാക്കന്മാർ സ്വാർത്ഥരായിട്ട് തീരും നമ്മളെ ചരിത്രം മുഴുവൻ നോക്കി പരീക്ഷിക്കുമ്പോൾ കാണാം രാജാക്കന്മാര് സ്വാർത്ഥരായി എന്റെ രാജ്യം നിന്റെ രാജ്യം നാട്ടുരാജ്യം അല്ലേ നമ്മളുടെ നാട് തന്നെ നോക്കിയാൽ കാണാം ഇവിടുന്ന് ചിറ്റൂരിലേക്ക് ഒരു ചാക്ക അരി കടത്തിയാ പിടിച്ചു വെച്ചാൽ അത് കൊച്ചിൻ സ്റ്റേറ്റ് ഇത് മദ്രാസ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അറിയുകയില്ല പിടിച്ചുകളും ഇവിടുന്ന് അങ്ങടേക്ക് ഇവിടുന്ന് തത്തമംഗലം കിടന്ന് അങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് പിടിച്ചുകളയും എന്താണെന്ന് വെച്ചാൽ അത് വേറെ സ്റ്റേറ്റ് ഇത് വേറെ സ്റ്റേറ്റ് ഇപ്പൊ ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു സാധനം കൊണ്ടുവരാൻ വയ്യ അവർക്ക് ചിൽവാനം കൊടുത്താ വരും വാളയാർന്നങ്ങൾ അങ്ങനെയൊക്കെ വരണത് എന്തുകൊണ്ടാ എന്ത് ധർമ്മം ഉണ്ടാക്കിയാലും അതൊക്കെ അധർമ്മമായിട്ട് മാറും അപ്പൊ ക്ഷത്രിയ ധർമ്മം എന്ന് പറയണത് രാജ്യഭരണം എന്നുള്ളത് ധർമ്മമായിട്ട് രാജാക്കന്മാര് കരുതി പ്രജകളെ ഭരിക്കണത് ധർമ്മമായിട്ട് രാജാക്കന്മാര് കരുതി പ്രജാപാലനം എന്നുള്ളത് ഒരു ധർമ്മമായിട്ട് അവർ ചെയ്തു രാമേശ്വരത്തില് പാമ്പൻപാലം കഴിഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ സമുദ്രതീരത്തില് കുന്ദുകാൽ എന്നാണ് പേര് അവിടെയാണ് വിവേകാനന്ദ സ്വാമി ഷിക്കാഗോ ഇതൊക്കെ കഴിഞ്ഞ് അമേരിക്കൻ വിജയമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇറങ്ങിയത് അപ്പോൾ അദ്ദേഹം കാലുകുത്തിയത് കൊണ്ട് ആ സ്ഥലത്തിന് കുന്തുകാൽ എന്ന് പേര് വന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സംഭവം അതിനേക്കാളും ഇൻസ്പയറിംഗ് ആണ് രാജാവ് ഭാസ്കര സേതുപതി രാമനാട് രാജാവ് സ്വാമി അവിടെ വന്ന് ഷിപ്പിൽ ഇറങ്ങി ബോട്ടിൽ വന്ന് കരകിറങ്ങുമ്പോൾ ഈ രാജാവ് ചെന്ന് മുട്ടുകുത്തി നിന്ന് വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞത്രേ അങ്ങയുടെ ചരണം എന്റെ തലയിൽ വെച്ചുകൊണ്ട് ഇറങ്ങുന്നു താലുകുന്തിയ രാജ അപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞു അരുത് അങ്ങനെയൊന്നും പറയരുത് നമ്മളുടെ ശാസ്ത്രം പറയണു രാജാവിന്റെ ശിരസ് സ്ഥാനമാണ് എന്ന് പറഞ്ഞ് കൈ പിടിച്ചു ഇറങ്ങി അങ്ങനെ രാജാവ് തന്റെ വിനയത്തിനെ അതെന്താന്ന് വെച്ച രാഷ്ട്രത്തോടുള്ള ഒരു ഭക്തി ഈ സംസ്കാരത്തോടുള്ള ഒരു ഭക്തി മാതൃഭൂമിയോടും സംസ്കാരത്തിനോടുള്ള ഒരു ഭക്തിയില് ആ യതീഷ് യതിയെ വരവേറ്റത് അങ്ങനെ ആയതുകൊണ്ട് കുന്ദുകാല എന്ന് പേര് ഒരു രാജാവ് തൻ്റെ ധർമ്മം കാണിക്കാം താൻ ചെയ്യേണ്ടത് എങ്ങനെ അതിൽ താൻ രാജാവാണെന്ന് ധരിച്ച് അങ്ങനെ നിന്നാ പോരെ ഞാൻ എല്ലാവരേക്കാളും വലിയവനാണെന്ന് തോന്നി നിന്നാ മതിയല്ലോ അല്ലെ അങ്ങനെ നാച്ചുറലി അങ്ങനെ രാജവംശങ്ങൾ ഒരുപാട് നശിച്ചു പോയത് അധികമോ നശിച്ചു പോണത് ധാരാളം അവർക്ക് അധികാരമുണ്ട് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഡ്രഗാണ് നശിച്ചു പോയി കളയും എത്രയോ രാജവംശങ്ങൾ അങ്ങനെ നശിച്ചു പോയി ഇംഗ്ലീഷുകാർ ഇവിടെ വന്ന് ആക്രമിച്ചതും മുഗൾ രാജാക്കന്മാർ ആക്രമിക്കുമ്പോഴും ഒക്കെ നമ്മള് പരസ്പരം ദ്വേഷിച്ചും ഷണ്ടകൂടിയും അഭിമാനിച്ചും അഹങ്കരിച്ചും ഒറ്റിക്കൊടുത്തും അങ്ങോട്ടും ഇങ്ങടും ഒക്കെ ദ്വേഷിച്ചൊക്കെയാണ് നശിപ്പിച്ചു കടഞ്ഞത് അതൊക്കെ എന്താ കാരണം ശൗര്യമില്ല ഒന്നാമത് തേജസ്സുമില്ല ധൃതി ഇന്ദ്രിയ നിഗ്രഹം മനോനിഗ്രഹമില്ല ദാക്ഷ്യം കർമ്മം യോഗമായിട്ട് ചെയ്യാനുള്ള ശക്തിയില്ല യുദ്ധേ ജാപി അപലായനം യുദ്ധം വരുമ്പോ ഓടിക്കളയ്യ അത് ക്ഷത്രിയന്റെ ധർമ്മമല്ല യുദ്ധേ ജാപി അപലായനം ദാനം ധാരാളം സമ്പത്ത് ശേഖരിച്ചു കഴിഞ്ഞാൽ രാജാവ് രാജസൂയം ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യാഗം ചെയ്യും എന്തിനാന്ന് വെച്ചാൽ എല്ലാ വർണ്ണത്തിലുമുള്ള ആവശ്യക്കാരെ വിളിച്ചങ്ങോട്ട് കൊടുക്കാനായിട്ട് എല്ലാവർക്കും കൊടുക്കുക വേണ്ടവരൊക്കെ അത് അവസാനമായിട്ട് ഈ അശ്വമേധം എന്ന യാഗം ചെയ്തത് ശ്രീഹർഷനാണ് നമ്മളെ ചരിത്രത്തിൽ നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കലി അവസാനത്തെ അശ്വത്മേധം ചെയ്തത് ശ്രീഹർഷൻ ശ്രീഹർഷൻ രാജാവായിട്ടിരിക്കുമ്പോ അദ്ദേഹം അശ്വമേധം ചെയ്തു എന്നിട്ട് അതിനെ ഈ ഹുവാൻ സാങ് ചൈനയിൽ നിന്നും വന്ന ബുദ്ധഭിക്ഷു എഴുതുന്നുണ്ട് ഞാൻ കണ്ട് സ്തംഭിച്ചു പോയി നിന്നു പോയി ഒരു വലിയ രാജാവ് തൻ്റെ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്ത് ഒരു തോർത്തം കൊണ്ട് കൊടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ട് എന്റെ ഹൃദയം വികസിച്ച് പോയി ഇത് ലോകത്തിൽ ഒരു സ്ഥലത്തും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ഭരണാധികാരികൾ എന്ത് തട്ടിപ്പറിക്കണം എന്ത് സ്വന്തമാക്കണം എന്ത് തൻ്റെ പേരിൽ വെക്കണം എന്നുള്ളത് ലോകം മുഴുവൻ കണ്ട് യാത്ര ചെയ്ത് വന്ന ഞാൻ ഈ ബുദ്ധന്റെ രാജ്യത്തിൽ ആ രാജാവ് മഹാവിദ്വാൻ മഹാപണ്ഡിതനായിരുന്നു വേദാന്തത്തിൽ ഇന്നുള്ള വലിയ ഗ്രന്ഥങ്ങളിലെ താർക്കിക വേദാന്ത ഗ്രന്ഥങ്ങളിൽ ഖണ്ഡനഖണ്ഡ്യ ഖാദ്യം എന്ന് പറയുന്നത് ശ്രീകർഷന്റെ അദ്ദേഹം രാജാവായിട്ട് അശ്വമേധ അവസാനം ചെയ്തു ചെയ്യണത് ഒരു ഈ യാഗം ചെയ്യണത് നമ്മളുടെ ധർമ്മശാസ്ത്ര രഹസ്യം അറിയണവരൊക്കെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ പല മഹാവിദ്വാൻമാരും ചെയ്യും പലരും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല വേദാധ്യനം ചെയ്തവരൊക്കെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് എനിക്ക് നല്ലത് വരാനായിട്ട് ഇത് ദേവി മഹാത്മ്യം വായിക്കൂ ഭാഗവതം വായിക്കും എന്തെങ്കിലും പറയും വീട്ടിൽ ഇതിൻ്റെ ഒരു പെർപ്പസേ ഉള്ളൂ എന്താന്ന് വെച്ചാൽ കുറേയും കൂടെ കൊടുക്കണം അവർക്ക് ഇന്ന് നമ്മൾ എന്താ ആരെ വിളിച്ചിട്ടും എത്ര രൂപ തരണം എത്രയൊക്കെ വേണോ എന്തിനാ കുറയ്ക്കൂ എനിക്ക് എന്തോ സ്വാർത്ഥം നടക്കാൻ ചെയ്യുമ്പോൾ വെറും ബിസിനസ്സായിട്ട് മാറുകയാണ് മറ്റേത് ആ മുഖ്യമേ അല്ല എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് എൻ്റെ കയ്യിലുള്ളത് അവരുടെ കയ്യിൽ കൊടുക്കണം അതൊരു സന്തോഷാണ് നമ്മൾ പേടികൊണ്ട് ശ്രാദ്ധമോ മറ്റോ കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പിതൃക്കൾ കോപിക്കുവോ എന്ന് ഭയന്നിട്ട് ഈ കർമ്മങ്ങൾ ചെയ്യണു ചെയ്യുമ്പോ ചെയ്യാൻ വരുന്ന പുരോഹിതനോട് കണക്കും പറഞ്ഞ് അയാളെ ചീത്തയും പറഞ്ഞ് നിന്ദിച്ച ആ കർമ്മം മുഴുവൻ നശം പോവും ഇതിനേക്കാൾ ഇതിങ്ങനെ ചെയ്യണത് എന്റെ അല്ലേ അപ്പൊ അയാള് എന്തിനൊക്കെയോ ചെലവാക്കണോ എന്തൊക്കെയോ ചെലവാക്കണോ സന്തോഷമായിട്ട് കൊടുത്താ അവരുടെ മുഖത്തും ഹൃദയത്തിലൊരു സന്തോഷം അവരെന്തോ അത് അവരുടെ പ്രാരബ്ദം അവര് ധർമ്മം ചെയ്യേണ്ടോ അവർ അനുഷ്ഠാനം ചെയ്യണ്ടോ അവരുടെ പ്രാരബ്ദം നീ എന്തിനു നോക്കണം അപ്പൊ ഒരു രാജാവ് തന്റെ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തിട്ട് വെള്ള തുണി നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ ഹൃദയം അനന്തമായി വികസിച്ചു എന്ന് പറഞ്ഞ് വേൻസങ് എഴുതുന്നുണ്ട് ശ്രീകൃഷ്ണനെ കണ്ടിട്ടും അപ്പോ അവിടെ ദാനം ദാനം അങ്ങോട്ട് കൊടുക്കുകയാണ് ദാനം ഈശ്വരഭാവശ് അതായത് നിയമനം ചെയ്യാണ് ഈ രാജ്യത്തിൽ ധർമ്മം നടക്കണം ഇന്ന രീതിയിൽ നടക്കണം അതെന്റെ ധർമ്മമാണ് ഇന്ന രീതിയിൽ തന്നെ അത് നടക്കണം എന്നുള്ള ഒരു വേണ്ട സമയത്ത് അയാൾ ഈശ്വരം എന്ന് അർത്ഥമല്ല ഈ രാജ്യ ഭരണകർത്താവ് എന്നുള്ള ഭാവം അതിൻ്റെ അത് വരുമ്പോ തന്നെ ചെയ്യും തന്റെ ചുമതലയാണ് ഈശ്വര ഭാവശ് ക്ഷത്രം കർമ്മ സ്വഭാവം ഇതൊക്കെ ക്ഷത്രിയൻ എന്ന് അഭിമാനിക്കുന്ന ആൾക്ക് രാജ്യഭരണം ചെയ്യുന്ന ആൾക്ക് വരണ്ട സ്വഭാവമാണ് അയാള് എന്തെങ്കിലും എടുക്കാനും സ്വാർത്ഥത്തിനു വേണ്ടിയല്ല ഭരിക്കണത് കൊടുക്കാനും എല്ലാവരും ക്ഷേമമായിട്ട് കണ്ട് സന്തോഷിക്കാനും ഒക്കെയാണ് ഇനി അടുത്തത് നോക്കൂ കൃഷി ഗൗരക്ഷവാണിജ്യം ഈ നാല് വർണ്ണത്തിൽ ഓർമ്മ വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കാം മനു പറയണു രണ്ട് കാര്യം ധർമ്മസൂക്ഷ്മം പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ധർമ്മത്തിൻ്റെ പല വശങ്ങളും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇത് സംശയം വന്നാൽ ഇവരോട് ചോദിക്കുക അവരോട് ചോദിക്കും പറഞ്ഞാൽ അവസാനം പറയണു ഇനി സംശയം വന്നാൽ ഒന്നിൽ ആ വീട്ടിലുള്ള സ്ത്രീയോട് ചോദിക്ക അമ്മയോട് ചോദിക്ക അല്ലെങ്കിൽ ആ വീട്ടിലുള്ള പണിക്കാരനോട് ചോദിക്ക അയാൾക്ക് ധർമ്മം അറിയാം ഇന്നും നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മണരെ ധർമ്മം വിട്ടു ക്ഷത്രിയൻ ആ വംശമേ കാണാനില്ല വൈശ്യൻ എന്ന് പറയണത് ഏകദേശം വൈശ്യന്മാരായി കഴിഞ്ഞു ധർമ്മം എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ ട്രൈബൽസിൻ്റെ അടുത്തും ആ അവിടെ ഉള്ളവര് ആ കാട്ടുവാസികള് ആ അവരോട് പോയി ചോദിച്ചാൽ സത്യത്തിലുള്ള വിശ്വാസം ധർമ്മത്തിലുള്ള വിശ്വാസം പ്രകൃതിയിലുള്ള വിശ്വാസം അത് പരസ്പരം ആ സത്യം ഒരു നിയമമില്ലാതെ നമ്മൾ നിയമം വെക്കണത് തന്നെ ലംഘനം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു നിയമമില്ലാതെ ആ മേലെയുള്ള ശക്തിയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം ധർമ്മം വ്യതിക്രമം വരാതെ നമ്മൾ പോലീസിന് അടുത്തുള്ള പേടി കൊണ്ടാണ് ധർമ്മം വ്യതിക്രമം ചെയ്യാതിരിക്കണത് അതില്ലാതെ ഒരു പോലീസും ഇല്ലാതെ ധർമ്മ വ്യതിക്രമം ചെയ്യാതിരിക്കണവര് നമ്മള് ശൂദ്രൻ എന്ന് പറഞ്ഞ് വിളിക്കണത് നാലാമത്തെ ഓർണ്ണ അത് മനു അന്നത്തെ കാലത്ത് തന്നെ പറഞ്ഞു വെച്ചു ഒന്നും അറിയില്ല എന്നുള്ളത് തന്നെ അവന്റെ ബലമാണ് ഒന്നും അറിയാതെയും പഠിക്കാനും അവകാശം കിട്ടാത്ത ആളാണെങ്കിലും പരിചര്യ എന്നുള്ള കർമ്മം ചെയ്യുന്നവനാണെങ്കിലും അവൻ മേലെ നിന്ന് സംസ്കാരങ്ങളിൽ നിന്ന് പരമ്പരയിൽ നിന്നും പലതും അറിഞ്ഞു വെച്ചിട്ടുള്ളത് അവന്റെ അടുത്തുള്ളത് പലതും പലപ്പോഴും മറ്റു മൂന്ന് വർണ്ണങ്ങളിലും ഉണ്ടാവില്ല സംശയം വരുമ്പോൾ അവനോട് ചോദിച്ചോളു ഓഷധി വനസ്പതികൾ പഠിക്കണമെങ്കിൽ ആയുർവേദത്തിന് ഋഷികൾ പറഞ്ഞു കാട്ടിലുള്ളവൻ്റെ അടുത്ത് പോയി ചോദിക്കൂ ആടിന്റെ പുറകെ നടക്കും എന്നൊക്കെ പറഞ്ഞു അതുപോലെയാ ചോദിക്കണമെങ്കിൽ അവരോട് ചോദിച്ചോളൂ അവരോട് പോയി അന്വേഷിക്കൂ കൃഷി ഗൗരക്ഷണിജ്യം ധൈശ്യന്റെ ധർമ്മം അവിടെ രക്ഷയാണ് കൃഷിയെ രക്ഷിക്കണം അല്ലേ പാലക്കാട് ഇവിടെ നിന്ന് പോകുന്ന വഴി മുഴുവൻ പാഠമായിരുന്നു എന്റെ ഓർമ്മയില് ഏകദേശം ഗീത തുടങ്ങുമ്പോ ഇപ്പൊ മുഴുവൻ നമുക്കൊരു പാഠമാണ് എന്താ നടക്കുന്നത് ഇപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വാർത്ഥത എന്ത് ചെയ്യും എന്നുള്ളതിന് ദൃഷ്ടാന്തം കാണും കൃഷിയെ രക്ഷിക്ക പശുവിനെ രക്ഷിക്കേ പശുവിനെ തിന്നാൻ പാടില്ല തിന്നാൻ പാടുവ എന്നുള്ളത് ചോദിക്കാനുള്ള വിവരക്കേട് നമ്മളുടെ കേരളത്തിലുണ്ട് നാരായണ ഒരാൾ ചോദിച്ചു നമ്മൾ പശുവിന്റെ പാല് കുടിക്കണില്ലേ പശുവിനെ തിന്നാൽ എന്താ ചോദിച്ചു ഒരാളുടെ ചോദ്യമാണ് പാല് കുടിക്കുമ്പോ തിന്നാൽ എന്താ ചോദിച്ചു അപ്പൊ നാരായണ ഗുരു മിണ്ടാതിരുന്നിട്ട് കുറച്ചുനേരം കഴിഞ്ഞിട്ട് പറഞ്ഞു അമ്മയുണ്ടോ ചോദിച്ചു ഇല്ല മരിച്ചുപോയി തിന്നതാണോ അത്രേ ഉള്ളൂ അമ്മയുടെ പാല് കുടിച്ചതല്ലേ തിന്നാൽ എന്താ എന്നുള്ള ചോദ്യമാണ് അത് ചോദിക്കാതെ അമ്മ ഉണ്ടോ ഇല്ല തിന്നതാണോ ചോദിച്ചോ ഇത്രയും കൊണ്ട് അറിയേണ്ടതാണ് ിച്ചാണോ നമ്മള് വളരുന്നത് ജീവിക്കുന്നത് ഇന്ന് പറയണു പശുവിന്റെ മൂത്രം പശുവിന്റെ ചാണകം ഇതൊക്കെയാണ് ഏറ്റവും നല്ല മരുന്നുകൾ ഓഷധികളും ഒരു ഭൂമിയിൽ കുറെ കാലം ചാണകവും വീണിട്ടില്ലെങ്കിൽ പിന്നെ ഒന്ന് നട്ട മുടക്കിലാണ് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല മാട് അത് അതിനെ പൂജിച്ചു അതിനെ ആരാധിച്ചു അതിനെ വീട്ടിൽ വെച്ചാൽ എത്ര മംഗളം വരുന്നു ഇപ്പൊ ഒന്നും നിവൃത്തിയില്ല നമ്മുടെ ആളുകൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഒരു പശുവിനെ ഉണ്ടാക്കി വെച്ചോളും ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വന്ന് വന്ന് വന്ന് പോയി ഇപ്പൊ പാല് ഇഷ്ടം പോലെ അല്ലേ പശുവില്ല പാല് മാത്രം വേണു എന്താ സാധനം പറഞ്ഞാൽ അന്വേഷിക്കാൻ പാടില്ല പശുവിന് അത് മനസ്സിലാവുകയില്ലേ ആ പാക്കറ്റിൽ വരുന്ന സാധനം അത് പാലൊന്നുമല്ല അത് പാല് പോലെ ഒരു സാധനം എന്തോ കെമിക്കൽസൊക്കെ ചേർത്ത് പാലുപോലെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും ഇറ്റ് ഇസ് ക്വാറ്റ് പോസിബിൾ പാലും ഉണ്ടാവാം അത്രയേ ഉള്ളൂ അപ്പോ ഗോരക്ഷ നോർത്തിലൊക്കെ ഒരുപാട് കുറെ ശ്രമിക്കുന്നുണ്ട് കുറെ ആളുകൾ ഒരു സാധു ഗുജറാത്ത് രാജസ്ഥാനില് ഏകദേശം മൂന്ന് ലക്ഷം പശുവിനെയൊക്കെ വെച്ച് സംരക്ഷിക്കണമെന്നാണ് പറയണത് നമ്മുടെ ആളുകള് അവിടെ പോയിട്ട് ആ സംരക്ഷിക്കുന്ന പശുവിനെ മോഷ്ടിച്ചും കൊണ്ടുവരികയാണ് കേരളത്തിലേക്ക് അറിയാവോ അഭിമാനിക്കേണ്ടതാണ് ഗോഡ്സ് ഓൺ കൺട്രി ശരിയാണ് ഗോഡ്സ് ഓൺ കൺട്രി ആയിരിക്കണം ഇത് കാരണം വേറെ ആരോ മാനേജ് ചെയ്യാൻ പറ്റില്ല മാംസഭോജനം നാണമില്ലാതെ മദ്യഷാപ്പിന്റെ മുമ്പില് ഗുരുവായൂരിൽ ക്യൂ നിക്കുന്നവര് പോലും ഇത്ര അടക്കത്തോട് നിൽക്കില്ല അത്ര അടക്കത്തോടുകൂടെ ഒരു വൃത്തികേടായിട്ട് നിൽക്കുന്ന ഒരു സംസ്കാരം പഴയ കാലത്ത് തലയിൽ തുണിയിട്ടു പോകേണ്ട സ്ഥലത്തേക്ക് ഒരു നാണമില്ലാതെ ലജ്ജ വരേണ്ട ലജ്ജയില്ലാതെ വൃത്തികേടായിട്ട് വരി നിൽക്കുന്ന ഒരു കാഴ്ച കൃഷി ഗൌരക്ഷ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവം പശുവിനെ രക്ഷിക്കുക ജനങ്ങൾക്ക് പരസ്പരം വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക അരിയാണെങ്കിലും ശരി പയറാണെങ്കിലും ശരി ഗോതമ്പാണെങ്കിലും ശരി പച്ചക്കറിയാണെങ്കിലും ശരി ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക അവർക്ക് വേണ്ടത് കിട്ടുക പരസ്പരം കൊടുത്ത് വ്യാപാരം ചെയ്ത് ജീവിക്കുക എന്നുള്ളത് വൈശ്യൻ്റെ ധർമ്മം എന്ന് പരിചര്യാത്മകം കർമ്മ ശൂദ്രാപി സ്വഭാവചം പരിചാരി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ നോക്കിയാൽ നാലാൾ വേണം ഒന്ന് വ്യാ രോഗി രണ്ട് വൈദ്യൻ മൂന്നാമത്തെ പരിചാരക്കൻ മൂന്നാള് മൂന്നാമത് പരിചാരക്കൻ ഈ പരിചാരകൻ ഓഷധികളും വനസ്പതികളൊക്കെ എടുത്ത് മരുന്നാക്കി തയ്യാറാക്കിച്ച് കൊടുക്കണ ആള് ഈ പരിചര്യ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് സർവീസ് എന്ന് പറയണ്ടല്ലോ അതാണ് പരിചര്യ എന്ന് പറയുമ്പോൾ ബാക്കി മൂന്നിലും പെടാത്ത ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ശരീരത്തിന് ബലം വേണം ശരീരം കൊണ്ട് അധ്വാനിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം അങ്ങനത്തെ ആളുകൾ കുറയുമ്പോൾ അവർ ഇല്ലാതാവുമ്പോഴേ അവരുടെ വില നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഗവൺമെന്റും എല്ലാവരും ഈ വിദ്യാഭ്യാസവും എല്ലാം കൂടെ കർണാടകത്തിലൊക്കെ പോകുമ്പോൾ പല സ്ഥലത്തും ഞാൻ കാണുന്നുണ്ട് പല സ്ഥലത്തും അത് ഇന്ററാക്ട് ചെയ്ത് നോക്കുന്നുണ്ട് എനിക്കായിട്ട് ഒരു ഉദ്യമ ഉദ്യോഗമൊന്നുമില്ലല്ലോ തന്നെയല്ലേ എന്നെ പോവാ അപ്പൊ കാണുമ്പോൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ ചിലതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും ഒരു പണിക്കാരൻ പറഞ്ഞു കർണാടകത്തിലെ പശുവിനെ മേക്കുന്ന ആൾ പറഞ്ഞു എന്ന് എന്റെ മകൻ സ്കൂളിൽ കൊണ്ടാക്കിയോ അന്ന് ഞങ്ങളുടെ കുലം പരമ്പരയായി കൊണ്ടുവന്നത് മുഴുവൻ പോയി അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരമ്പരയായി ഇത്രേ കാലമായി പശുവിനെ അറിയാം പശുവിനെ എങ്ങനെ വളർത്തണം എന്നറിയാം അതിനൊരു വ്യാധി വന്നാൽ അറിയാം പ്രസവിക്കേണ്ട സമയമായാ അറിയാം അതിനെ എങ്ങനെ മേക്കണം എന്നറിയാം പാല് കറക്കണം എന്നറിയാം അതിന്റെ ഓരോ മിടിപ്പും ഞങ്ങൾക്കറിയാം ഇന്ന് അവന് പശുവിനെ കണ്ട പശുവാണെന്ന് പോലും മനസ്സിലാവില്ല അവന് പഠിപ്പ് വലതും വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലും അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല നല്ല പാൻറ് ഇടണം ഷർട്ട് ഇടണം ഒരു മൊബൈൽ ഫോൺ വെക്കണം നാടും നാടായിട്ട് ചുറ്റണം എല്ലാരും ഒരു കമ്പനിയിൽ പോകണം ഒരു ജോലി ചെയ്യണം പ്രകൃതിയുമായിട്ട് സമ്പർക്കമേ വേണ്ട എന്താണെന്ന് വെച്ചാൽ അതിനെ ഉടനെ നീചമാക്കി തള്ളിയേ ഒരു ഒരു ബിസിനസ്സുകാരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും അച്ഛനമ്മമാരും ഒക്കെ കൂടി കളക്ടീവ് മ്യൂച്വൽ ഹിപ്പനോട്ടിസം പരസ്പരം അങ്ങടും ഇങ്ങും ഹിപ്പനോട്ടൈസ് ചെയ്തിട്ട് കല്യാണം കഴിയണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം മകൻ പെണ്ണ് കിട്ടണമെങ്കിൽ ഇങ്ങനെയാവണം വൈദികർ പോലും വേദാധ്യയനം ചെയ്തവർ പോലും വേദാധ്യനം ചെയ്ത കുട്ടികൾ പോലും നല്ലവണ്ണം അധ്യയനം ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ കുടുംബം അങ്ങോട്ട് കത്തിരിക്കും ചോദിച്ചു ഈയിടെ കൂടെ ഞാൻ ചോദിച്ച ഒരാളോട് എന്തിനാപ്പൊ കത്തിരിച്ച അത് ടെമ്പറിയാണോ എന്താ അല്ല കല്യാണത്തിന് പെണ്ണ് നോക്കുകയാണെ ഇത് ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കില്ലാന്ന് അതുകൊണ്ട് കല്യാണം കഴിച്ച ശേഷം പിന്നെ വെച്ചോളാം നോക്കൂ അഡ്വർടൈസ്മെന്റ് സിനിമ ഇതൊക്കെ കൊണ്ട് ഒരു ഹിപ്നോസിസ് സൃഷ്ടിച്ച് സൃഷ്ടിച്ച് നമ്മളുടെ റൂട്ട്സ് മുഴുവൻ നശിപ്പിച്ച് സംസ്കാരത്തിന് മുഴുവൻ ധ്വംസം ചെയ്തിട്ട് പിന്നെ ഭഗവത്ഗീത ക്ലാസ് എടുത്തിട്ട് എന്ത് കാര്യം ഉപനിഷത്ത് ക്ലാസ് എടുത്തിട്ട് കാര്യം വെറും ക്ലാസ് ആണത് ഒരു നമുക്കറിയുന്നത് മുഴുവൻ മെഷീൻ കമ്പ്യൂട്ടറാണ് കടൽ എവിടെയെന്ന് ചോദിച്ചാൽ ഗൂഗിളിലേക്ക് പോണു തെങ്ങിനെ ചോദിച്ചാൽ ഗൂഗിളിലേക്ക് പോണം ഒരു പശുവിനെ ചോദിച്ചാൽ ഗൂഗിളിലേക്ക് പോവാണ് ഊണ് കഴിക്കാൻ അടുക്കളയ്ക്ക് തന്നെ പോണ്ടേ അല്ലേ അല്ല ഡൗൺലോഡ് ചെയ്ത് കഴിക്കുവോ ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് വേണ്ടിവരും നിങ്ങൾ ഈ അരിയൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും എന്ത് ചെയ്യും ഏത് സ്ഥലത്തേക്കാണ് നിങ്ങളിപ്പോ പോണത് ഞങ്ങൾ കൃഷിയും ഇതുമൊക്കെ ആയിട്ട് കഴിച്ചു ഞങ്ങളുടെ മക്കൾ പഠിച്ച് നല്ല നിലയ്ക്ക് വരണം ഈ നല്ല നില അങ്ങനെ വിചാരിച്ച അച്ഛനമ്മമാരൊക്കെ കരയാണ് അപ്പോ എന്താന്ന് വെച്ചാൽ മക്കള് പഠിച്ചു പറന്നേ പോയി ഇയാള് വയസ്സായിട്ട് ഒന്നുമില്ലാതെ ഇവിടെ ഉള്ളതിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ മകൻ തിരിച്ചും വരില്ല നോക്കുമില്ല അയാൾക്ക് ഇയാളുടെ പണവും വേണ്ട പോയി ഇതിനൊക്കെ മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഐ എം നോട്ട് എ സൊസൈറ്റി പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ ഒരു വശത്ത് നമുക്കറിയാം ഇതൊക്കെ മിഥ്യയാണ് ആത്മാത്രമാണ് സത്യം നിരന്തരം ഉള്ള ആനന്ദം അവിടെയുള്ളൂ അതിൻ്റെ അനുഭവവും ഉണ്ട് പക്ഷെ ഇത് പ്രായോഗികമായ ധർമ്മപഥമാണ് ഇവിടെ എല്ലാവരും ക്ഷേമമായിട്ടിരിക്കണമെങ്കിൽ വേദം വിധിച്ചൊരു വഴി വേണം ഒരു ധർമ്മം വേണം ഒരു സംസ്കാരം വേണം ഭക്ഷണത്തിന് ഭക്ഷണം തന്നെ വേണം വെള്ളത്തിന് വെള്ളം തന്നെ വേണം കാറ്റിന് കാറ്റ് തന്നെ വേണം അതിന്റെ മണ്ഡലത്തിൽ അതിന്റെ പ്ലെയിനിൽ വരുമ്പോ ഏറ്റവും മുഖ്യമായ ഒരു എലമെന്റ് ആണ് ശൂദ്രൻ എന്ന് പറയുന്നത് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ചീത്ത വിളിച്ച് ചീത്ത വിളിച്ച് ആ പേര് കേൾക്കുമ്പോ തന്നെ ഒരു അപമാനം പോലെ കരുതും അങ്ങനെ കരുതരുത് ബ്രാഹ്മണൻ എന്ന് പറയുന്ന വാക്കിന് എത്ര വിലയുണ്ടോ എത്ര ആദരവുണ്ടോ അത്ര ആദരവ് വിദുരൻ ശൂദ്രൻ ആയിരുന്നു വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ ചോട്ടിലല്ല നേരെ ഇങ്ങനെയാണ് വേദത്തിന് അത് ജീവിതത്തിന്റെ മുഖ്യ അംശം അവിടെയാണ് കിടക്കുന്നത് ഊണ് തയ്യാറാക്കുക പ്രകൃതിയുമായിട്ട് സമ്പർക്കം പുലർത്തുക പ്രകൃതിയുമായിട്ട് ചേർന്ന് ജീവിക്കുക ഇണങ്ങിച്ചേർന്ന് ജീവിക്കൊക്കെ അവരവരുടെ ജാതി അവരവർ ചെയ്ത കർമ്മം അവരവർ ചെയ്ത ധർമ്മത്തിൽ നല്ല അഭിമാനം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ആ ട്രൈബൽസിന്റെ അടുത്തൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശിക്ഷ ഒരാൾക്ക് എന്താന്ന് വെച്ചാൽ ജാതി കട്ടുപാട് ചെയ്യാന്ന് പറയും തമിഴ്നാട്ടില് അതായത് അവരുടെ വംശത്തിന്ന് പുറത്തു തള്ളി അതാണ് ഏറ്റവും വലിയ അപമാനം അത്ര അഭിമാനം ഉണ്ടായിരുന്നു അതിനകത്ത് നമ്മള് എല്ലാം നമ്മളുടെ കഥകളോ ഡ്രാമ സിനിമ ഫിലിം എല്ലാം കൊണ്ടും ഒരു ഒരു കൃഷിക്കാരന്റെ മകൻ ഒരു ഡോക്ടറായിട്ടോ എഞ്ചിനീയർ വലിയ കമ്പനി ഓണറായിട്ടോ മാറണത് വലിയ കാര്യമായിട്ട് ചിത്രീകരിച്ചു കഴിയുമ്പോ കൃഷിക്കാരന്റെ മക്കളൊക്കെ വിചാരിക്കും ഈ കൃഷി എന്നുള്ളത് നീജം പണിയെടുക്കുന്നത് നീജം ഒരു ഓഫീസ് ടേബിൾ പാൻറ് ഷർട്ട് ഇട്ടിട്ട് ടൈ കെട്ടിട്ട് ഇരിക്കണം സുബ്രഹ്മണ്യം പിള്ളേ തമിഴ്നാട്ടിലൊരു സായിപ്പിനെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു എന്നൊരു കഥ കേട്ടു രാമേശ്വരത്ത് പോകുമ്പോൾ വയപ്പാട് കൂടെ പോവാണ് അപ്പൊ ഈ സായിപ്പിനു സുബ്രഹ്മണ്യം പിള്ളേ കളിയാക്കി ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കണ്ട അതേ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു പിന്നീട് അപ്പോ കൃഷിക്കാരൊക്കെ കോണ കൊടുത്ത് നിന്നിട്ടാണ് കൃഷി ചെയ്യണത് അപ്പൊ സുബ്രഹ്മണ്യം വാട്ട് ഈസ് ദിസ് ഡ്രസ്സ് ചോദിച്ചു ഇത് എന്തൊരു വസ്ത്രമാണ് എവിടെ തുടങ്ങണോ എവിടെ അവസാനിക്കണോ ഒത്തിരി നിന്ന് ഇത് കൊടുത്തിട്ടാണോ നിക്കുന്നത് വാട്ട് കൈൻഡ് ഓഫ് ഡ്രസ്സ് ഈസ് ദിസ് ചോദിച്ചു കളിയാക്കാണെന്നും മൂപ്പർക്ക് മനസ്സിലായി പറഞ്ഞു സാർ യു ഡോൺ നോ ദിസ് ഈസ് ഇന്ത്യൻ ടൈസ് ഇന്ത്യൻ ടൈ യു ടൈറ്റ്ലി സ്റ്റാർട്ടഡ് യു ഓൺലി സ്റ്റാർട്ടഡ് വിയറിംഗ് ഇറ്റ് ഇൻ യുവർ നെക് ഞങ്ങളെവിടെ കെട്ടിക്കണം നിങ്ങളാണ് അതിന്റെ അടുത്ത് കഴുത്തിൽ കെട്ടിയത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ൂച്ച് പൂച്ച് കണ്ടു മയങ്ങി നമ്മളുടെ ട്രഷർ മുഴുവൻ തുലച്ചു ധനം മുഴുവൻ തൊലച്ചു ആ വൈദിക സംസ്കാര പരമ്പര മുഴുവൻ തുലച്ചു ഈ നാലും നാലിലും എല്ലാത്തിനും നാലും കറക്റ്റായിട്ടിരുന്നാലേ ലോകത്തിലെ ഒരാൾക്ക് അഭ്യുദയം എന്ന് ഗീതയിൽ പറഞ്ഞ കാര്യമുണ്ടാവുള്ളൂ ഈ നാലിനും അപ്പുറം ഒന്നുണ്ട് നിശ്രേയസം ആത്മജ്ഞാനം അതും കൂടി അത് വന്നാൽ ഈ നാലും തരണം ചെയ്യപ്പെടും അയാള് സ്വതന്ത്രനാണ് അയാൾ പോയി ഈ നാലും പറഞ്ഞു ഇനി ഭഗവാൻ ഈ സ്വഭാവം പ്രകൃതി എന്നുള്ള കാര്യത്തിലേക്ക് പോവാണ് അവരവരുടെ ധർമ്മത്തിലിരുന്നു കൊണ്ട് എല്ലാവരും പരിപൂർണത്തിനെ പ്രാപിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സ്വേസ് തൃണു യർഭൂതം സ്വേ സ്വേ കർമ്മി അഭിരഥനവന്റെ കർമ്മത്തിൽ രമിച്ചും കൊണ്ട് ഒരാള് സംസിദ്ധനായിട്ട് തീരും ജ്ഞാനം നേടും ചിത്തശുദ്ധി നേടും അതെങ്ങനെ എന്ന് കേട്ടുകൊള്ളുക ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചത്തിലെല്ലാ പ്രവൃത്തിയും ഉദിക്കുന്നത് ഏതിൽ നിന്ന് അസ്തമിക്കുന്നുവോ അതിനെ ആ ദേവനെ അന്തര്യാമയായ ഈശ്വരനെ കർമ്മം കൊണ്ട് പൂജിച്ച് ഒരു മാനവൻ സിദ്ധനായിട്ട് തീരും എന്ന് പറഞ്ഞ് ഭഗവാൻ സ്വധർമ്മവിഷയകമായ ചർച്ചയെ ഈശ്വര ശരണാഗതി പ്രപത്തിയിലേക്ക് കൊണ്ടു പോവാണ് ഗീതയുടെ വളരെ മുഖ്യമായ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ് നമ്മളത് ളയുംും മറ്റന്നാളെയും ഇനി രണ്ടു ദിവസമുണ്ട് കണം സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ഠപ്രാങ്കണരിങ്കണലോലമുമാമ ോഷ്ട്രാഗണ റിംഗണ ലോലമ പരമായാസം മായാക്കാരമം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിരമാനന്ദം ഗോപീമണ്ഡല ഗോഷീഭേദം ഭേദാവസ്ഥേഭം ശശ്വോരനിർൂതോത്കൃതധൂളീധൂസരസൗഭാഗ്യം ശ്രദ്ധാഭക്തിഗൃഹീതമചിന്യ ചിന്തിസാവം ചിന്മണിമ പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദ പരമാനന്ദ ോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം സ്നവ്യകുലയോഷി ീ രഥ ദിവർഷ നിർൂതദ്വയ ശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്തം സത്രശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം Govindam paramanandam bhaj Govindam paramanandam Govindam paramanandam bhaj Govindam paramanandam